സൂര്യൻ ഉദിക്കുന്നതും താമര വിടരുന്നതും യുഗപത് നടക്കുന്നത് പോലെ ഒരേ സമയത്ത് നടക്കുന്നത് പോലെ ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത് തന്നെ ജീവൻ ആധ്യാത്മികമായ പ്രബോധമാണ് എത്രയോ ജന്മങ്ങളായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ അനാദിമായയാസുപ്തോ യഥാ ജീവ പ്രബുദ്ധ്യത അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത ആദിയില്ലാതെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എത്രയോ കാലമായി ഉറങ്ങിക്കിടക്കുന്ന ഈ ജീവൻ പ്രബുദ്ധ്യത പ്രബോധം ഉണ്ടാവുന്നു ഒരു അവേക്കണിംഗ് ഉണർവ് ഉണരുമ്പോ അജമനിദ്രം അസ്വപനം അദ്വൈതം ബുദ്ധിദേദത ജനനമില്ലാത്തതും ഒരിക്കലും തന്നെ മറവില്ലാത്തതും ഉറക്കമില്ലാത്തതും ഉറക്കം എന്ന് വെച്ചാൽ ഒരു മറവ് മറവില്ലാത്തതും അസ്വപ്നം ഇനിമേലാൽ സ്വപ്നമില്ലാത്തതും ആയ അദ്വൈതം ബുദ്ധതേത രണ്ടില്ലാത്തതായ തത്വത്തിനെ ോധിക്കുന്നു അറിയുന്നു അപ്പൊ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ അരുണാചലം അരുണാചലത്തിന്റെ കൃപയെ പറഞ്ഞു പ്രത്യക്ഷമായി കാണുന്ന ഈ വിശ്വം ഈ വിശ്വം മുഴുവനും ആത്മപ്രകാശം കൊണ്ട് വ്യാപിക്കുന്നതാണ് കബളിത ഘനവിശ്വരൂപ വിശ്വത്തിനെ മുഴുവൻ ആ സ്വാ സ്വാനുഭൂതി കപടനം ചെയ്യാം എന്നുവെച്ചാൽ വിഴുന്ന അപ്പൊ വിശ്വം വിശ്വമല്ല വിശ്വം തന്നെ ഭഗവത് സ്വരൂപം അപ്പോഴേ ആവുകയുള്ളൂ വിശ്വസ്മയി നഹ എന്ന വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമത്തിന് അപ്പോഴേ അർത്ഥം വരുവുള്ളൂ വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമായിട്ടു അപ്പൊ ആദ്യത്തെ ശ്ലോകം ഭഗവാന്റെ കൃപയാണ് ഈശ്വരൻ ഗുരു ആത്മ ഒരേ വസ്തു മൂന്നായിട്ട് പിരിഞ്ഞ് കാണപ്പെടുന്നു ഈശ്വരനായിട്ടും ഗുരുവായിട്ടും ആത്മാവായിട്ടും ഈശ്വരനായി ഭജിക്കുന്നു ജീവൻ ദ്വൈതം കൽപ്പിച്ച് ഭജിക്കുന്നു അകമയ്ക്ക് ഗുരുവായി തത്വബോധം ഉണ്ടാക്കുന്നു ഈ ത്രിപുടി മുടിയുമ്പോൾ ത്രിപുടി ഇല്ലാതാവുമ്പോ രണ്ടില്ലാത്തതായ ആത്മവസ്തു സ്വരൂപം പ്രകാശിക്കണം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ അപ്പോ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ ഈശ്വരസ്വരൂപത്തിനെ കൃപയാണ് ഈശ്വരസ്വരൂപം കൃപാതത്വമാണ് ഈശ്വരസ്വരൂപം അനുഗ്രഹ തത്വം ആ അനുഗ്രഹ തത്വത്തിനെ ഭഗവാൻ ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു കരുണാപൂർണ സുധാബ്ധേം സുധാ എന്ന് വെച്ചാൽ അമൃതം അമൃതമിൽ അമൃതാനുഭവത്തിന്റെ സമുദ്രം കരുണാപൂർണ സുധാബ്ധേം കപളിതഘനവിശ്വരൂപ കപളിത ഘനവിശ്വരൂപ എന്നുള്ളത് അരുണാചലത്തിന്റെ സംബോധനയാണ് കരുണാപൂർണ സുതാബ്ദെ എന്നും സംബോധനയാണ് കിരണാവല്യാ അരുണാചല പരമാത്മൻ ഒരു തന്റെ കിരണം കൊണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന പോലെ കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണാചലമായ പരമാത്മന് പരമാത്മാവെ അരുണോഭവചിത്തകഞ്ചസു വികാസായ അവിടുന്ന് അരുണനായിട്ട് അരുണോദയമായിരുന്നു എന്റെ ഉള്ളിലുള്ള ഹൃദയ താമര വിരിയട്ടെ താമര കൂമ്പിയിരിക്കാണ് താമരയ്ക്ക് പുറത്ത് വണ്ടായിട്ട് നിൽക്കാൻ പാടില്ല വണ്ട് പുഷ്പം കൂമ്പിയിരിക്കുന്ന പുഷ്പത്തിന് പുറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക അത്രേ ഈ താമര വിരിഞ്ഞിട്ട് ഉള്ളിൽ പോയി തേൻ കുടിക്കാനായിട്ട് അക്ഷരപണമാലയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് എന്നെ പാട്ടത് അളിപോൽ എന്നെ പാട്ടത് കൂമ്പിയിരിക്കുന്ന പുഷ്പത്തില് പുറത്തു വണ്ടെന്ന പോലെ അവിടെ നിന്ന് നിൽക്കരുത് ഈ പുഷ്പം വിരിഞ്ഞ ശേഷം അകത്തേക്ക് പ്രവേശിക്കാം എന്ന് കാത്തു നിൽക്കരുത് സൂര്യനെ പോലെ ഈ പൂവ് വിരിയാനായി അവിടുന്ന് കൃപ ചെയ്യണം എന്ന് ആ ഭഗവത് കൃപയാണ് ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകത്തില് അരുണാചലത്തിന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ് ആദ്യത്തെ ശ്ലോകം ഭക്തിഭാവത്തിലാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നിർവചനമാണ് ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മത്തിനെ വ്യാസഭഗവാൻ നിർവചിക്കുന്നു ജന്മാദ്യ അതാണ് ഭാഗവതം ആരംഭിക്കുന്നതും അങ്ങനെയാണ് ആരംഭിക്കുന്നത് ജന്മാദ്യോന്വയാതിരശ്ചാ ഈ കാണുന്ന പ്രപഞ്ചം പ്രപഞ്ചം കാണപ്പെടുന്നുണ്ട് ചിന്തിക്കുന്ന ആളുകൾ ചോദിക്കും ഭഗവാൻ ഭഗവാന് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചിന്തയ്ക്കൊന്നും കാണാൻ വയ്യാലോ ഭഗവാനെ ഒന്നും കാണാൻ വയ്യ പ്രപഞ്ചം കാണുന്നുണ്ട് ജഗത്ത് കാണുന്നുണ്ട് ലോകമാണ് അറിയുന്നത് ഭഗവാനോ ആത്മാവോ ഒന്നും അറിയുന്നില്ല ഇതാണ് സാധാരണ ഒരു പ്രാകൃത മനുഷ്യന്റെ ചോദ്യം അപ്പൊ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ഉണ്ടായി ഈ പ്രപഞ്ചം എവിടെ നിൽക്കുന്നു ഈ പ്രപഞ്ചം എവിടെ ലയിക്കുന്നു ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങി തന്നെ മനുഷ്യന് ബുദ്ധി വെച്ചു തുടങ്ങി എന്നർത്ഥമാണ് കസ്ത്വം കോഹം കുത ആയാതമേ ജനനി കോമേ താതഹ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ തന്നെ ഈ ജീവൻ അല്പാൽപം ബുദ്ധിവെച്ചു തുടങ്ങി പക്ഷെ ശാസ്ത്രജ്ഞന്മാരടക്കം ബാലിശമായ ചോദ്യങ്ങളുമായി ഒതുങ്ങിക്കൂടുകയാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ എവിടെയോ ഒരു പ്ലാനറ്റ് കണ്ടുപിടിച്ചു ആ പ്ലാനറ്റിന് എത്ര ചുറ്റുമൂടുന്ന എത്ര ഉപഗ്രഹങ്ങളുണ്ടെന്നും ഉപഗ്രഹങ്ങളിൽ കല്ലാണോ മണ്ണാണോ വെള്ളമാണോ എന്നും അതൊക്കെ വാസ്തവത്തിൽ അവർ കണ്ടത് പോലെ ചിത്രീകരിക്കുകയും വെറും ഭാവനയാണ് പകുതി ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഒന്നും ശരിക്കും അറിയൂല അവിടെ എന്താ ഉള്ളത് ഒന്നും അറിയില്ല അവരൊക്കെ വലിയ പ്രാമാണികമായിട്ട് അതൊക്കെ പുസ്തകത്തിൽ എടുത്ത് എഴുതുകയും നമ്മളുടെ കുട്ടികളതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്ത് ഇന്നന്നെ ഗ്രഹങ്ങളുണ്ട് ഇന്നന്നെ ഉപഗ്രഹങ്ങളുണ്ട് ഇന്നതുമുണ്ട് ഇത് ഭൂമിയിൽ നിന്ന് ഇത്ര ദൂരം അതെപ്പോഴോ വളരെ വ്യക്തമായി ആ വെടി ഈ ശാസ്ത്രജ്ഞൻ നോക്കിക്കൊണ്ട് നിന്ന പോലെയാണ് എഴുതണത് എന്നോ ഒരു വെടി പിരിഞ്ഞതാണെന്നും ഈ ശാസ്ത്രജ്ഞനാണ് അവിടെ നിന്നതെന്ന് തോന്നും അത് പൊട്ടണ സമയത്ത് അത് പൊട്ടി അപ്പൊ ഞാൻ കണ്ടു എന്നുള്ള മട്ടില് വെറുതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കഥ കുട്ടികൾക്ക് ഊണ് കഴിക്കാനോ ഉറങ്ങാനായിട്ടോ അമ്മ ഒരു അമ്മ കഥ പറഞ്ഞുകൊടുത്തു ഒരു വന്ധ്യക്ക് മൂന്ന് കുട്ടികളുണ്ടായി എന്താന്ന് പറഞ്ഞോ കുട്ടി ഉണ്ടാവില്ല ബാരൻ വുമൺ അവൾക്ക് മൂന്ന് കുട്ടികൾ ഒന്ന് ഗർഭത്തിലാണ് ഗർഭത്തിന്ന് വന്നില്ല ഒരു കുട്ടി വലുതായി മൂന്നുപേരും തീർത്ഥയാത്രക്ക് പോയി മൊയലിന്റെ കൊമ്പ് കൊണ്ട് കയ്യിൽ ഒരു വാളുണ്ടാക്കിക്കൊണ്ട് കുതിരയുടെ കൊമ്പുകൊണ്ട് ഒരു വടി പിടിച്ചുകൊണ്ട് ഒരു മരുഭൂമിയിൽ യാത്രക്ക് പോയി അവിടെ മുഴുവൻ മരങ്ങളും തടാകങ്ങളും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ കുട്ടി ഉം ഉം ആദ്യത്തെ കഥയിൽ തന്നെ വന്ധ്യക്ക് കുട്ടി എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ തന്നെ കഥ നിന്നു പോകും അതേപോലെ വെടി പൊട്ടി ബിഗ് ബാങ്ക് തിയറി ഒക്കെ പറയുമ്പോ ബേസിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ച നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ ടൈം സ്പേസ് എന്നുള്ളത് തന്നെ വാസ്തവമാണോ അല്ലയോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ സ്പേസിൽ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾ എവിടെ പൊട്ടി ഇതിനൊക്കെ പൊട്ടുന്നതിനൊക്കെ ആശ്രയം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല ഈ സ്പേസ് എവിടെ അവസാനിക്കും ചെറിയ കുട്ടികളെ ചിന്തിക്കും ഇത് എങ്ങനെ പോയാൽ എവിടെ പോയി അവസാനിക്കും ഇത് എവിടെ ആരംഭിക്കും ചെറിയ കുട്ടികൾക്ക് പോലും അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഇതൊരു പിള്ളേരുകളിയാണെന്ന് ഇതിന് ആദ്യമില്ല അന്തവുമില്ല ഇവിടെ പുറമേക്ക് സ്പേസിനെ വെച്ചുകൊണ്ട് ചിന്തിച്ച് ഇതിനൊരു പാരമാർത്ഥികമായൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവും അപ്പൊ പഠിപ്പ് കൊണ്ട് നമ്മൾ അറിവുള്ളവരാവുകയല്ല പഠിപ്പ് കൊണ്ട് നമ്മള് മരമഠയന്മാരാവുകയാണ് അപ്പൊ ഈ സ്പേസ് ഈ പ്രപഞ്ചം എവിടെ നിന്ന് ഉദ്ഭവിച്ചു എവിടെ നിൽക്കുന്നു എവിടെ ലയിക്കുന്നു ഇതിന് മൂലം എന്താണ് എന്ന് ഈ ജീവൻ ചോദിച്ചു തുടങ്ങുമ്പോ ഞാൻ തന്നെ എവിടെ നിന്ന് ജനിച്ചു എന്താണ് എന്റെ ജീവിതത്തിനുദ്ദേശം എന്ന് ചോദിച്ചു തുടങ്ങുമ്പോ ഇതിന് പൊന്താനും നിൽക്കാനും അസ്തമിക്കാനും ഉള്ള സ്ഥാനത്തിന് പേരാണ് ഈശ്വരൻ ഏതോ മൂല സോർസ് ഒരു മൂലവസ്തുവിൽ നിന്നും ഇത് പൊന്തുകയും ആ മൂലവസ്തുവിൽ തന്നെ ഇത് നിൽക്കുകയും ആ മൂലവസ്തുവിൽ തന്നെ ഈ പ്രപഞ്ചം ലയിച്ച് ഇല്ലാതാവുകയും വീണ്ടും പൊന്തുകയും നിൽക്കുകയും ലയിക്കുകയും ഈ ലീലാ വിനോദം അനന്തകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരധിഷ്ഠാനമുണ്ട് ആ അധിഷ്ഠാനമാണ് ഭഗവാന്റെ സ്വരൂപം ത്വ അരുണാചല് സർവം ഭൂത്വ സ്ഥിത്വ പ്രലീനം ചിത്രം അരുണാചല സർവം ഭൂത്വ ഹേ അരുണാചല അങ്ങയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വിസർജിക്കപ്പെട്ടു സ്ഥിത്വ അങ്ങയുടെ സ്വരൂപത്തിൽ തന്നെ നിൽക്കുന്നു പ്രലീനം അങ്ങയിൽ തന്നെ ലീനമായും തീർന്നു ഇത്രയും പറഞ്ഞു അപ്പോ ഭഗവാനിൽ പൊന്തുകയും ഭഗവാനിൽ നിൽക്കുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു ശരി ഇതിപ്പോ ആര് കണ്ടു എന്ന് അതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഭഗവാനെവിടെ ആരാണ് ഭഗവാൻ ആരിലാണ് പൊന്തിണത് ആരിൽ നിൽക്കുന്നു ആരിൽ ലയിക്കുന്നു യാജ്ഞവൽക്യനോട് ഗാർഗി ചോദിച്ചു ഉപനിഷത്തിൽ ഈ കാണപ്പെടുന്ന ഭൂമിയെ ആരാണ് ധരിക്കുന്നത് ചോദിച്ചു ഈ ഭൂമി എവിടെ നിൽക്കുന്നു ജ്ഞവൽക്കയൻ പറഞ്ഞു വെള്ളത്തിലാട് ജലത്തിലാട് ജലം എവിടെ നിൽക്കുന്നു ജലം അഗ്നിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജലത്തിനെ അഗ്നി ഇല്ലാതാക്കും ജലത്തിനെ അഗ്നി ഇല്ലാതാക്കും അഗ്നിയിൽ ജലം വെച്ചു കഴിഞ്ഞാൽ ജലം വറ്റി വേപ്പറായിട്ട് പോകും അഗ്നി എവിടെ നിൽക്കുന്നു അഗ്നി വായുവിലാണ് നിൽക്കുന്നത് വായുവാണ് അഗ്നിയുടെ സോഴ്സ് വായു അഗ്നിയെ ഉണ്ടാക്കുകയും അഗ്നിയെ ഇല്ലാതാക്കുകയും ചെയ്യും അഗ്നി അതേപോലെ ജലത്തിനെ ഉണ്ടാക്കുകയും ചെയ്യും ചൂടുണ്ടാകുമ്പോൾ ശരീരത്തിൽ വേർപ്പുണ്ടാവും നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും പരസ്പര കാരണങ്ങളായി അതിൽ നിന്ന് പുറത്തേക്ക് വരാനും അതിലേക്ക് തിരിച്ചു പോവാനും ഈ എലമെന്റ്സിന് ശക്തിയുണ്ട് വായു എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു വായു സ്പേസിലാണ് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം സ്പേസിലാണ് വായു ചലിക്കണത് ആകാശത്തിലാണ് വായു ചലിക്കണത് എവിടെയാണ് വായുവിന്റെ സഞ്ചാരം വായുവിന് സ്പേസ് വേണം അവസാനം ഗാർഗി ചോദിച്ചു ആകാശം എവിടെ നിൽക്കണു രാജ്ഞവൽക്കൻ അല്പം കോപിച്ചുകൊണ്ട് പറഞ്ഞു ഗാർഗി ഇതിനു മേലെ ചോദിച്ചാൽ കോപിച്ചതല്ല ഗാർഗിക്ക് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ തല പൊട്ടി പോവും തല പൊട്ടുക എന്ന് വെച്ചാൽ ആകാശത്തിന്റെ സോഴ്സ് അന്വേഷിച്ചാൽ നീ ഇല്ലാതായിട്ട് തീരും ആകാശം എവിടെ നിൽക്കണു എന്ന് ചോദിച്ചാൽ നീ ഇല്ലാതായിട്ട് തീരും കാശം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ആളിലാണ് ആകാശം നിൽക്കുന്നത് ആകാശമുണ്ടെന്ന് ആരനുഭവിക്കുന്നുവോ അനുഭവിക്കുന്നവന്റെ അനുഭവത്തിലുള്ള ഒരു തോന്നലാണ് ആകാശം മനസ്സിലാണ് ആകാശം നിൽക്കുന്നത് ഇനിയും കുറച്ചുകൂടെ ഉള്ളിൽ പോവാം മനസ്സിലാണ് ആകാശം നിൽക്കുന്നത് കാരണം മനസ്സിൽ അയിക്കുമ്പോൾ ആകാശമില്ല ദിവസം ഉറക്കത്തിൽ നമുക്ക് അനുഭവമാണ് മനസ്സിലയിച്ചുള്ള ഉറക്കത്തിൽ സ്പേസ് ഇല്ല ടൈമില്ല ടൈമും സ്പേസും ഒരേ സമയത്ത് പൊന്തുകയും ഒരേ സമയത്ത് ഇല്ലാതാകുകയും ചെയ്യും അതുകൊണ്ടാണ് സ്പേഷിയോ ടൈം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് രണ്ടും ഒന്നാണെന്ന് കണ്ടു ഏകദേശം മനസ്സുദിക്കുമ്പോ രണ്ടും പൊന്തി മനസ്സ് ലയിക്കുമ്പോ രണ്ടും ലയിച്ചും ഉറക്കത്തിൽ ടൈമേ അറിയണില്ല സ്പേസും അറിയണില്ല രണ്ടുമില്ല േത് നാടേത് നാം ഇൻേേതു നാം ഉടമ്പേൽ നാൾ നാട്ടുൾ നാം പടുവം നാം ഉടമ്പോ ഭഗവാന് ഉള്ളത് അർപ്പത് നാം ഇന്റി നാളേത് നാടേത് നാടുമൽ കൊബാദി ദിക്കാല കഥാവിനാസ്മാൻ ദിക്കാല ലീലേഹ വപുർവയം ചേത് മോ നി ഭ സദാ ഭാമ ഞാൻ എന്ന അഹങ്കാരം ഉദിക്കുമ്പോ ദിക്കും കാലവും പൊന്തി ടൈമും സ്പേസും പൊന്തി അഹങ്കാരം ലയിച്ച് മനസ്സ് ലയിച്ചപ്പോ ടൈമില്ല സ്പേസും ഇല്ല പ്രപഞ്ചവുമില്ല പ്രപഞ്ചത്തിന് മുഴുവൻ ഉദിക്കാനും അസ്തമിക്കാനും കാരണം മനസ്സാണ് മനസ്സുദിക്കുമ്പോ പ്രപഞ്ചം ഉദിച്ചു ശരീരമുദിച്ചു ഞാൻ എന്ന വ്യക്തിബോധം ഉദിച്ചു എന്റെ സംസാരം ഉദിച്ചു വിവേക ചൂടാമണി അവിദ്യ മനസ്സോതിരിക്ത മനോഹി അവിദ്യ ഭവന്ധ ഹേതു തസ്മ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ് സകലം വിജൃംഭതേ ഈ മനസ്സിനെ അല്ലാതെ അവിദ്യ മറ്റൊന്നുമില്ല മനോഹി അവിദ്യ മനസ്സ് തന്നെയാണ് അവിദ്യ ഭവബന്ധ ഹേതുഹു സംസാര ദുഃഖത്തിന് കാരണം തസ്മിൻ വിനഷ്ടെ അതില്ലാതായാൽ എല്ലാം നഷ്ടമായി അത് പൊന്തുമ്പോ പ്രൊജക്റ്റാവുമ്പോ വിജൃംഭണം ചെയ്യുമ്പോ എല്ലാം പൊന്തുണു മനസ്സ് പകുതി വിരിയുമ്പോൾ ഉള്ളിൽ സ്വപ്നം കാണുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിരിഞ്ഞാൽ പുറത്തു പ്രപഞ്ചം കാണുന്നു മനസ്സ് ഉള്ളിൽ ലയിച്ചാൽ ഉറങ്ങുന്നു ഒക്കെ മനസ്സ് ചെയ്യുക അപ്പൊ മനസ്സ് ആണ് പ്രപഞ്ചത്തിനെ ധരിക്കുന്നത് എന്ന് കാണാം ഒരജ്ഞാനം വരും നമുക്കിതിൻ്റെ ഇടയിൽ എന്റെ മനസ്സുകൊണ്ടാണോ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നും എന്റെ മനസ്സല്ല മനസ്സിന്റെ ആണ് ഞാൻ ഞാൻ എന്നുള്ളതും ഉള്ളിൽ ഒരു പാർട്ടാണ് ഞാൻ എന്നുള്ളതും ഇതിന്റെ ഉള്ളിൽ ഒരു പാർട്ടാണ് മനസ്സ് എന്നുള്ള അജ്ഞാനശക്തി വിരിയുമ്പോ ആദ്യം ഉണ്ടാവുന്നതാണ് ഞാൻ പിന്നെ നീ അവൻ എന്നുള്ളതൊക്കെ പൊന്തും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരാള് സമുദ്രത്തിൽ കപ്പൽ മുങ്ങിയതായിട്ടും പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നതായിട്ടും കപ്പല് പൊട്ടിയപ്പോൾ എല്ലാവരും കൂടെ വെള്ളത്തിൽ സമുദ്രത്തിൽ മുങ്ങി പോകുമ്പോഴാണ് നിലവിളിച്ചത് നിലവിളിച്ചപ്പോഴാണ് കട്ടിലിന്റെ മേലേന്ന് ചുവട്ടിൽ വീണത് അപ്പൊ എണീറ്റും എണീറ്റിട്ട് ഇരുന്ന് കരിയാണ് എന്തിനാ കരയണത് ഞാൻ മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കി നൂറ്റി തൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറയണ പോലെയാണ് പ്രഥമ വികാരോഭവത്യഹങ്കാര ജീവനെ ആദ്യം പിന്നെ അനേക പ്രപഞ്ച വസ്തുക്കളെ കാണപ്പെടുത്തുന്നു എല്ലാത്തിനും മൂലകാരണമായ ഒരു അജ്ഞാനമുണ്ട് അജ്ഞാനമാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളെ ഉണ്ടാക്കി ഈ ജീവന് ദ്വൈത പ്രപഞ്ചം വാസ്തവമാണെന്നുള്ള ഭ്രമത്തിനെ ഉണ്ടാക്കണത് അപ്പൊ മനസ്സ് വിരിയുമ്പോഴാണ് പ്രപഞ്ചം ഉദിക്കുന്നത് മനസ്സ് എവിടെ നിന്ന് പൊന്തു മണ്ണ് വെള്ളത്തിലടങ്ങി വെള്ളം തീയിലടങ്ങി തീ ആ കാറ്റിലടങ്ങി കാറ്റ് ആകാശത്തിലടങ്ങി ആകാശം മനസ്സിലടങ്ങി മനസ് എവിടെ അടങ്ങും മനസ്സിന്റെ മൂലമായതിന്റെ റൂട്ടാണ് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്നാണോ മനസ്സ് പൊന്തണത് അഹങ്കാരം ഉദിക്കുമ്പോ മനസ്സുദിക്കും അഹങ്കാരം മനസ്സിന്റെ കണ്ടെൻസ്ഡ് ഫോമാണ് അഹങ്കാരം പ്രബലമായി ഉള്ളപ്പോ മനസ്സുണ്ടാവില്ല അഹങ്കാരം ഒന്ന് വിരിഞ്ഞാലേ മനസ്സുണ്ടാവുള്ളൂ ഐസ് ഒരു കട്ടി ഐസ് എടുത്തു ആ കട്ടി ഐസ് എന്താണ് കണ്ടെൻസ്ഡ് ഫോം ഓഫ് വാട്ടർ അല്ലേ അത് നിലത്തിൽ ഇട്ടുകഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളമായിട്ട് പരക്കും അതേപോലെ പ്രബല അഹങ്കാരം ഉള്ളപ്പോ മനസ്സുണ്ടാവല്ലേ പ്രബല അഹങ്കാരം വിരിയുമ്പോഴാണ് മനസ്സായിട്ട് മാറണത് പ്രബല അഹങ്കാരത്തിന് നമുക്ക് എപ്പോ കാണാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ പുകഴ്ത്തുമ്പോ ഉള്ളിൽ ശ്രദ്ധിക്ക ചിത്തവൃത്തികൾ ഉണ്ടാവില്ല ഒരു ഒരു സന്തോഷം മാത്രം ഒരു ഒരു പ്ലഷർ എക്സൈറ്റ്മെന്റ് അങ്ങനെ ഉണ്ടാവും അതാണ് ഐസ് കെട്ടി അത് കുറച്ചുനേരം കഴിഞ്ഞ് പൊട്ടിക്കഴിയുമ്പോഴാണ് ഭാവനയായിട്ടൊക്കെ എന്നെ പുകഴ്ത്തി ഇനിയും വേണം എന്നൊക്കെ തോന്നി വിരിയണത് അതേപോലെ നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിക്കുമ്പോഴും ചിത്തവൃത്തികളും ഭാവനയൊന്നും ഉണ്ടാവില്ല ഒരു ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സെന്റേഡ് ഫോം ഓഫ് ഡിസ്റ്റർബൻസ് അതാണ് പ്രബല അഹങ്കാരം അത് ഐസ് കെട്ടി പോലെയാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് ഫോമാണ് പരക്കുമ്പോഴാണ് അതിന് മനസ്സ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ അഹങ്കാരമാണ് അതാണ് അജ്ഞാനത്തിന്റെ മൂല രൂപം ഭഗവാൻ പറയണത് അതുകൊണ്ട് മനസ്സിന് അനേക രൂപങ്ങൾ ഉണ്ടെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ അഹങ്കാരത്തിനെ മാത്രം അതിന്റെ മൂലമെന്ന് അന്വ ഈ അഹങ്കാരം വരെ നമ്മൾ പോയി ഹങ്കാരം എവിടെ പൊന്തുണു എന്ന് ചോദിച്ചാൽ ദിവസവും നമ്മൾ കാണുന്നു അഹങ്കാരം എവിടെയോ ലയിക്കുന്നത് കാണുന്നു അല്ലേ എവിടെയാ ലയിക്കണ ഒരു അവ്യക്തത്തിൽ ലയിക്കുന്നു അത് അവ്യക്തമാണ് ഒന്നും അറിയില്ല അൺമാനിഫെസ്റ്റ് ദിവസം ഉറങ്ങുമ്പോ എവിടെയോ ഞാൻ എന്ന ഈ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ലയമാകുമ്പോ ഉറങ്ങുന്നു ഉറക്കത്തിൽ അഹങ്കാരമൊന്നുമില്ല ബ്രാഹ്മണനും ഇല്ല ക്ഷത്രിയനും ഇല്ല വൈശ്യനു ഇല്ല ശൂദ്രനുല്ല സ്ത്രീയുമില്ല പുരുഷനുമില്ല നല്ല ആളുമില്ല ചീത്തയാളുമില്ല സന്യാസിയും ഇല്ല ഗൃഹസ്ഥനും ഒക്കെ പോയി എണീറ്റ തോന്നും എണീറ്റ ഭേദം വരും ദേഷ്യം വരും അപ്പൊ ഈ അഹങ്കാരം ലയിക്കുന്നത് അവ്യക്തത്തിലാണ് ആ അവ്യക്തം അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് തിരസ്കരണി എന്ന് പറഞ്ഞത് ഒരു ഇരുൾ ആ തിരസ്കരണി ആവരണം എന്ന് പറഞ്ഞു ഇന്നലെ ഗീതയില് ഭാഷ്യത്തിൽ പറഞ്ഞുവല്ലോ അനാവൃത ദൃഷ്ടി നിരാവരണ ദൃഷ്ടി എന്ന് പറഞ്ഞല്ലോ ആവരണം നീങ്ങിയാൽ അതിന്റെ അപ്പുറം കടക്കും അതാണ് വൈകുണ്ഠത്തിലേക്ക് പോണ വഴിയിലുള്ള ഇരുട്ട് അതിനപ്പുറം ഈ സാധകന് പോവാൻ പറ്റില്ല സാധകൻ തന്നെ അവിടെ പോയി ഇല്ലാതാവണോ ഭഗവാൻ പറയണത് ആ സുഷുപ്തി അവസ്ഥയിലും ഏതൊരു സത്തയുണ്ടോ ഏതൊരു സത്ത ആ തിരസ്കരിണിക്കും സാക്ഷിയായിട്ടിരിക്കുന്നു ആ ഇരുളിൻ്റെ ഏതൊരു ഞാൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആ ഞാൻ ഈ അഹങ്കാരൂപത്തിലുള്ള ഞാനല്ല പക്ഷെ ഈ അഹങ്കാരത്തിനെ അന്വേഷിച്ചു നോക്കിയാൽ ഈ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ സുഷുബ്ദിയിൽ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റില്ല ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം ഈ പ്രോസസ്സിന് തുടരുക ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു പ്രപഞ്ചം മുഴുവൻ മനസ്സിൽ നിൽക്കുന്നതായിട്ടും മനസ്സ് അഹങ്കാരത്തിന്റെ സൃഷ്ടിയായിട്ടും കണ്ടു ഇപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടി നമ്മളുടെ സെന്റർ തൽക്കാലത്തേക്ക് അഹങ്കാരമാണ് ഏത് പ്രശ്നവും എന്നെ ബാധിക്കുന്നത് അഹങ്കാരത്തിന് തൊടുമ്പ് മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഭാര്യയും ഭർത്താവും കൂടെ എന്തോ വർത്തമാനം പറഞ്ഞു ഭാര്യ പറഞ്ഞു ഈ അടുത്ത വീട്ടിലെ മനുഷ്യനെ കുറെ കുറ്റം പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് എങ്ങനെയാണോ ഒക്കെ പറഞ്ഞു ഭർത്താവും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു അപ്പൊ കുഴപ്പമില്ല എന്തോ പറഞ്ഞോണ്ട് പോട്ടെ വന്നിട്ട് വിട്ടതാണ് കൊറേ കഴിഞ്ഞപ്പോ ഭാര്യ ഇദ്ദേഹം ശ്രദ്ധിക്കില്ലാന്ന് കണ്ടപ്പോ നിങ്ങളും അങ്ങനെ തന്നെ അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാ ഏ എന്ത് പറ്റി ഇപ്പോ ഒരേ വാക്ക് എപ്പോ എന്റെ ഈ ചിജട ഗ്രന്ഥിയെ സ്പർശിക്കുന്നുവോ അപ്പത്തുള്ളു പ്രപഞ്ചത്തിലുള്ള ഏത് പ്രശ്നവും ബാധിക്കുന്നത് ഈ ഗ്രന്ഥിയെ തൊടുമ്പ് മാത്രമാണ് ഏതും ബാക്കിയുള്ളവർക്കൊക്കെ വരുമ്പോ നമുക്കൊക്കെ ഉപദേശിക്കാം അവരുടെ വീട്ടിലെന്തോ മരണം വരുന്നു വിഷമങ്ങൾ അതൊക്കെ എല്ലാവർക്കും വരും ജനനം മരണവും ഒക്കെ എല്ലാം ഒക്കെ സമബുദ്ധിയോടുകൂടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്ക നമ്മൾക്ക് വരുമ്പോഴാണ് കാര്യം പറഞ്ഞത് ഏതും നമ്മളിലേക്ക് വരുമ്പോ മറ്റുള്ളവർക്ക് ശരീരത്തിന് വേദനിക്കുമ്പോൾ സഹിച്ചോളു അങ്ങനെയാണോ നിലവിളിക്കുക എന്ന് പറയുക എന്നിട്ടാണ് ഇപ്പൊ ഒറ്റ അടി അടിച്ചത് എന്താണെന്ന് വെച്ചാൽ കടിച്ചു സഹിക്കവയ്യ എന്തും എന്നിലേക്ക് വരുമ്പോ സ്വഭാവം മാറും എന്നെ ബാധിക്കുമ്പോ സ്വഭാവം മാറും അപ്പൊ നമുക്ക് കാണാം അജ്ഞാനത്തിന്റെ ബീജം ഈ അഹങ്കാരമാണ് പ്രപഞ്ചത്തിന്റെ ബീജം നമ്മൾക്കറിയുന്നവരെ തെരഞ്ഞുകൊണ്ടു പോയാൽ ഈ അഹങ്കാരമാണ് അഹങ്കാരത്തിന് അപ്പുറവും ഉണ്ട് അല്ലെ സയൻസ് അന്വേഷിച്ച് ഒരിക്കൽ പോയി മോളിക്യൂൾ വരെ എത്തി മോളിക്യൂളിന് അപ്പുറം ഉണ്ട് എന്നുള്ളത് പിന്നത്തെ ഇൻവെസ്റ്റിഗേഷനാണ് അതുപോലെ ഇത് പ്രപഞ്ചത്തിന് അന്വേഷിച്ചു കൊണ്ടുപോകുമ്പോ ഇത് നമുക്ക് ഇപ്പോത്തേക്ക് ഇപ്പോഴേക്ക് അത് മതി ഭഗവാൻ പറയണ ഉദിക്കണമെന്ന് ശ്രദ്ധിക്കാം അഹമയം യാഫുതിയമൂർണ ചിന്വ ഹങ്കാരം എവിടെ ഉദിക്കുന്നു എവിടെ നിന്ന് പൊന്തുണു എന്ന് സൂക്ഷ്മബുദ്ധി കൊണ്ട് ആരാഞ്ഞ് ചൊല്ലുമ്പോ ഐ പദ്ധതി ഐ എന്ന് വെച്ചാൽ ഐ പദ്ധതി എവിടെയോ വീണുപോകുന്നു പരിബുഘ്ന ശീർഷ പതേ ദഹന്താ പരിബുഘ്ന ശീർഷ തലകുത്തി വീഴും യഹന്ത തലകുത്തി ഉള്ളിലേക്ക് വീഴും എന്നാണ് പരിമുഗ്ന ശീർഷ അതാഹം അന്യത് സ്ഫുരതി പ്രകൃഷ്ടം നാഹംകൃതിഹി തത് പരമേവ പൂർണം എന്ന് സദ്ദർശനം ഈ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്കുക ഇവിടെയാണ് സാധന വരുന്നത് സാധന ഏകാന്തത്തിലിരുന്ന് വെറുതെ മനസ്സിനെ അലയാൻ അനുവദിക്കുക അലഞ്ഞോട്ടെ എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ നിങ്ങൾ വേണമെങ്കിൽ ജപം ചെയ്യത്തുള്ളൂ പക്ഷെ ജപം ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചോളൂ എന്തൊക്കെ ചിന്തിക്കുന്നു മനസ്സ് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആദ്യം കുറെ ജനറൽ ആയിട്ട് ചിന്തിക്കും പിന്നെ പിന്നെ പിന്നെ പിന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് കാണാം ആ ഇൻഡിവിജ്വലിസ്റ്റിക് ഫ്ലൂ ഫ്ലൂ ഓഫ് ദിവിജ്വൽ കറണ്ട് ഐ കറണ്ട് ഞാൻ എന്നുള്ള സ്രോതസ്സിന്റെ ഒഴുക്ക് നമുക്ക് നമ്മളുടെ ഉള്ളിൽ കാണാം എന്നെ അവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും എന്റെ കാര്യം എന്താവും നാളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടല്ലോ കിട്ടുവോ കിട്ടില്ലയോ അവൻ വന്നിട്ടില്ലെങ്കിൽ വേണ്ടില്ല അപ്പോഴേക്കും വേറെ വലിയതുവും എന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ജനറൽ പതുക്കെ പതുക്കെ നോക്കാം ഇത് ഇതൊക്കെ വ്യക്തിനിഷ്ഠം വ്യക്തിനിഷ്ഠമായി ഈ ഒഴുക്ക് ഈ ഒഴുക്ക് അൺകോൺഷ്യസായിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഭഗവാൻ പറഞ്ഞത് ഒന്ന് ജാഗ്രതയാവുക ജാഗ്രതയായിട്ട് ഈ ഞാൻ എന്താണ് ഈ ഞാൻ എന്താണ് ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്ഫൂർത്തി എന്താണ് ആരാണ് ഈ ഞാൻ ഇതെവിടെ ഉദിക്കണു എന്ന് ബോധപൂർവം ശ്രദ്ധിച്ചാൽ ഈ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കുന്നുവോ അവിടെ ലയിക്കും മൂലത്തിൽ അടങ്ങും ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ അത് കണ്മവും ഭക്തിയും മുന്തീപര യോഗ ജ്ഞാനവും ും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ അതെവിടെ ഉദിക്കുന്നുവോ ആ സ്ഥലത്ത് അടങ്ങും എന്നാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്നുള്ള ഈ ചലനം മൂവ്മെന്റ് ഓഫ് ദിസ് ഈഗോ അത് ശ്രദ്ധിക്കുമ്പോ നമ്മൾ ഒരു ക്ഷണ നേരത്തേക്ക് അലേർട്ടായാൽ അങ്ങനെ ശ്രദ്ധിച്ചു പഴകിയാൽ വ്യവഹാരത്തിലും നമുക്ക് അപ്പൊ ശ്രദ്ധിക്കും നമ്മൾ ആരുടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അറിയാതെ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മകളെ അമേരിക്കയിലാണ് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കും മകന് വലിയ ജോലിയാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോ ശ്രദ്ധിക്കും അൺകോൺഷ്യസായിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്തുതിക്കുന്നതും പുകഴ്ത്തുന്നതും നമ്മൾക്കുള്ള ആ ഒരു എന്താ നെഗറ്റീവ് സെന്ററിലേക്ക് മൂവ് ആകുമ്പോഴൊക്കെ ശ്രദ്ധിക്കും ഈ നെഗറ്റീവ് സെന്റർ ആണ് അസുരം ആസുരം എന്ന് പറയുന്നത് ആസുരം ലോകമൊന്നുണ്ട് കൂരിട്ടതാവം ആ ലോകത്തിലേക്ക് ചെന്നാൽ കൂരി ഇട്ടിലേക്ക് ആ സെന്ററെ നമ്മൾ ശ്രദ്ധിക്കും ആ ചലനത്തിനെ നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ ശ്രദ്ധിക്കുമ്പോ എന്താവും അഹമിനാശഭാജി ആ ക്ഷണത്തേക്ക് അഹങ്കാരം നശിക്കും ആ സെക്കൻഡില് ശ്രദ്ധയെ മാത്രം ഇത് സഹിക്കില്ല ശ്രദ്ധിക്കുമ്പോ ഈ അഹങ്കാരം എന്ന ആ നെഗറ്റീവ് മൂവ്മെന്റ് നെഗറ്റീവ് എനർജി ഇറ്റ് വിൽ ബി സക്ട് ടു ദോസ് അതെവിടെ നിന്നും പൊന്തിയോ അവിടേക്ക് തന്നെ വീണ്ടും വലിച്ചെടുക്കപ്പെടും ആ വലിച്ചെടുക്കുന്ന സ്ഥലത്ത് അഹമഹന്തയാഹൃത് സ്വയം മറ്റൊരു അഹം തോന്നും എന്ന് ഭഗവാന്റെ വാക്ക് മറ്റൊന്ന് താൻ താനായി പ്രകാശിക്കും അത് എന്നാ അഹങ്കൃതിഹി അത് അഹങ്കാരമല്ല പരമപൂർണ സത് പരമപൂർണമായ സത്ത് ആവരണമില്ലാത്ത സത്യം അവിടെ ബോധപൂർവം വിചാരം ചെയ്യുമ്പോൾ ഇഫ് യു എന്റർ ഇൻ ദിസ് റെ അൺകോൺഷ്യസ്ലി യു വിൽ ഗോ ടു സ്ലീപ് അതാണോ ഉറക്കത്തിനും ബോധപൂർവം ഈ ഉറക്കത്തിന്റെ സാമ്രാജ്യത്തിനെ കടക്കുന്നതിനുമുള്ള വ്യത്യാസം ഉറക്കത്തിൽ എന്താവണു അറിയാതെ ലയത്തിലേക്കാണ് പോണത് അതുകൊണ്ട് ഉറക്കം ശാശ്വത പരിഹാരമല്ല ഉറക്കമും നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോ ധ്യാനത്തിൽ ഉള്ളിൽ പോകുമ്പോൾ സ്വപ്നവും കടന്ന് ഉറക്കത്തിനെയും നമ്മൾ ഉള്ളിൽ കാണും പലരും അതുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഉറങ്ങി പോകും അവര് ധ്യാനിക്കുകയാണെന്നൊക്കെ വിചാരിക്കും ദിവസം ഹാഫ് ആൻ അവർ ഐ എം മെഡിറ്റേറ്റിംഗ് പറയും അത് സൊസൈറ്റിയിൽ പറയാൻ കൊള്ളാം എന്നല്ലാതെ പോയി ഇരുന്നാ കാണാം അത് നല്ല ചുമരും ചാഞ്ഞിരിക്കാനുണ്ടാവേ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അത് ഉറക്കമാണെന്ന് പോലും അറിയില്ല ചിലർക്ക് ചോദിക്കും ഞാൻ ധ്യാനിക്കാൻ ഇരിക്കുമ്പോ എന്തോ കുറച്ചുനേരം കഴിയുമ്പോ ഒന്നും അറിയണില്ല എന്താ അത് എന്നാണ് അവര് നമ്മൾ പറയണം അത് സമാധിയാണ് മെഡിറ്റേഷൻ ആണെന്നൊക്കെ പറയണം അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല ലയമാണ് ജാഗ്രത്തിന്റെ ഒരംശം അലേർട്ട്നെസ് ആണ് അതാണ് അതിന്റെ ജാഗ്രതന്ന് നമ്മൾ പറയണം അലേർട്ട്നെസ് ഉണ്ട് ജാഗ്രത ആ അലേർട്ട്നെസ്സോടു കൂടെ അനിദ്രം അസ്വപ്നം ജാഗ്രത സാക്ഷാത്കാരമുണ്ട് നമുക്ക് പക്ഷേ ജാഗ്രത്തിന്റെ അംശമായ ജാഗ്രതയോടുകൂടെ സ്വപ്നത്തിന്റെ അംശമായ സങ്കല്പവികല്പവും ഉറക്കത്തിന്റെ അംശമായ അറിവില്ലായ്മയും കലർന്നിരിക്കണത് കൊണ്ടാണ് ജാഗ്രത അജ്ഞാനമയമായിട്ടിരിക്കുന്നത് അപ്പോ ജാഗ്രത്തിൽ ബോധപൂർവം ചാരം ചെയ്യുമ്പോ നമ്മൾ കാണും ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്നുള്ളത് എവിടെ ഉദിച്ചു എന്ന് ശ്രദ്ധിക്കുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാരം ഇല്ലാതാവുന്ന മറ്റൊന്ന് താൻ താനായി പ്രകാശിക്കും ആ താൻ എന്നുള്ളത് പരമപൂർണമായ വസ്തുവാണ് ആ താൻ എന്നുള്ള ബോധത്തിലാണ് അജ്ഞാനം കൊണ്ട് മനസ്സുദിക്കുകയും മനസ്സിന്ദ്രിയങ്ങളിലൂടെ കാണുമ്പോ പ്രപഞ്ചം കാണപ്പെടുകയും ചെയ്യുന്നത് ഇപ്പൊ ഈ മന്ത്രത്തിൽ ഭഗവാൻ ഹേ അരുണാചലാം ഈ പ്രപഞ്ചം അങ്ങയിൽ ഉദ്ഭവിച്ച് അങ്ങയിൽ നിന്ന് അങ്ങയിൽ ലയിക്കുന്നു അരുണാചലം എവിടെ ഉണ്ട് ഹൃദയ അഹമിതി നൃത്യസിഭോഹോന് ഹൃദയം ഹൃദയത്തിൽ അങ്ങ് അഹം അഹം ഇതി നൃത്യസി ഭോഹോ ഹൃദയത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് അങ്ങ് നർത്തനം ചെയ്യുന്നു ഹൃദി അഹമിതി നൃത്യസി ഭോഹോ ഭഗവാന്റെ പേരെന്താണ് ഹൃദയം നാമ ഹൃദയം തന്നെ അങ്ങയുടെ പേരാണ് എന്നുള്ളത് കൊണ്ട് ഹൃദയം എന്ന് ഹൃദയത്തിൽ ഈ സെന്ററിൽ അവൻ ഇരിക്കുന്നു അതിനെക്കാളും ഭഗവാൻ വേറൊരു വിധത്തിൽ പറഞ്ഞു ഹൃദയവയം ഹൃത്യു തന്നെ അവനാണ് ദിസ് ഈസ് ദ സെന്റർ ഇതാണ് സെന്റർ ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആരും അനുഭവിക്കും ഈ മൈക്കിന് താൻ മൈക്കാണെന്നോ താൻ ഉണ്ടെന്നോ ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മളെ ഒന്നും അറിയില്ല ഈ ഗ്ലാസിന് താൻ ഗ്ലാസ് ആണ് താൻ അറിയില്ല അതുകൊണ്ട് തന്നെ അറിയില്ല പക്ഷെ എനിക്ക് ഞാനുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്നറിയാം ഈ പ്രപഞ്ചവും അറിയപ്പെടുന്നു അപ്പൊ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ഒരു സെന്ററിൽ നിന്നുകൊണ്ടാണ് പ്രപഞ്ചത്തിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന അഹം അഹം അഹം എന്ന ശുദ്ധ ചിത്തിന്റെ അനുഭവം ആ ശുദ്ധ ചിത്തിന്റെ അനുഭവത്തിനെയാണ് അരുണാചലത്തിന്റെ അനുഭവമായി ഭഗവാൻ പറയണത് ഇതാണ് മഹാജ്ഞാനികളുടെയൊക്കെ ദർശനം നമ്മളെ അവരുടെ ദർശനത്തിനെ കേവല ബാഹ്യമായിട്ട് കരുതിയാൽ പല കുഴപ്പങ്ങളും ഉണ്ടാവും രമണ മഹർഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാഹ്യ അരുണാചലത്തിനെ ലിമിറ്റിനു മേലെ ആശ്രയിച്ചാൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല മഹർഷി പറഞ്ഞിട്ടുണ്ട് ഈ അരുണാചലമാണ് ഈശ്വര സ്വരൂപം അതുകൊണ്ട് ആ അരുണാചലത്തിൽ പോയി പ്രദക്ഷിണമൊക്കെ കുറെ കാലം ഇതൊക്കെ ചെയ്യാം പിന്നെ എന്താ പിന്നെ അരുണാചലത്തിനെ രക്ഷിക്കാനുള്ള പുറപാടായി അരുണാചലം ഇന്നത്തെ കാലത്തൊക്കെ കേടുവന്നു പോണത് അതിനെ റിപ്പയർ ചെയ്യണം അവിടെയൊക്കെ പലതും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ലോകം സത്യമായിട്ട് തീരും ഭഗവാനെ ബാഹ്യരൂപത്തിൽ കാണണം മഹർഷിയും അരുണാചലത്തിനെ ബാഹ്യരൂപത്തിൽ കണ്ടു പക്ഷേ ബാഹ്യരൂപത്തിൽ കാണാൻ പാടില്ല കുറച്ച് കഴിഞ്ഞാൽ ആ ബാഹ്യത്തിനെ ആശ്രയിച്ച് ഉള്ളിലുള്ള അരുണാചലത്തിലേക്ക് പോകണം അങ്ങനെ പോയിട്ടില്ലെങ്കിൽ എന്താവും നമ്മളുടെ ഉള്ള വേണ്ടി വന്ന അമ്പലങ്ങൾക്കൊക്കെ വന്ന കുഴപ്പം നമ്മൾ എന്ത് അമ്പലത്തിലെ സ്വാമി നമുക്ക് ഭജിച്ചുള്ളിൽ ഭക്തി ഭക്തി ഉണ്ടാവാനാണേ അത് അറിയുന്ന പൂർവ്വകാല ഋഷികളൊക്കെ നമ്മളുടെ അമ്പലങ്ങളും മറ്റുമൊക്കെ വളരെ സിമ്പിളായിട്ട് ആരാധനയ്ക്ക് മാത്രമായി വച്ചിരുന്നു നമ്മളിപ്പോ അതൊക്കെ അജ്ഞാനം കൊണ്ട് ഈ പുറത്തുള്ള ഇതിലാണ് എല്ലാം എന്ന് ധരിച്ചു കഴിയുമ്പോ അവിടെ സ്വർണം കൊണ്ട് പൊതിയലും രത്നം കൊണ്ട് നടക്കലും ഒക്കെ ആവുമ്പോ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പുറത്തുള്ള വസ്തുവിലാവും പുറത്തുള്ള ഉപാസനാമൂർത്തിയോ ആരാധനാമൂർത്തിയോ അകത്തുള്ള വസ്തുവിനെ കാണിച്ചു ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നേതും വ്യതിത്തം ഉപാസത്തെ ശ്രുതി തന്നെ നീ ഉപാസിക്കുന്ന ഈ വസ്തുവല്ലപ്പാ ഏതു ഉള്ളത് കൊണ്ട് നീ ഉപാസിക്കുന്നുവോ അതിലേക്ക് ശ്രദ്ധിക്കുക ഭഗവാൻ കൃപയാ ബാഹ്യ രൂപത്തിൽ ആവിർഭവിക്കുന്നത് തന്നെ ആന്തരികമായ തന്റെ രൂപത്തിനെ കാണിച്ചു തരാനാണ് ആചാര്യനായി വരുന്നത് പോലും ആചാര്യനെ ശ്രദ്ധിപ്പിക്കാനല്ല തന്നെ ശ്രദ്ധിപ്പിക്കാനാണ് ആചാര്യ ചൈത്യപുഷതി ഭാഗവതത്തിൽ പറയുന്നു ഹേ പ്രഭു അങ് പുറമേക്ക് ആചാര്യനായി വന്ന് എന്റെ ഉള്ളിലുള്ള ചൈത്യം ചൈതന്യത്തിന് ബോധത്തിന് ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവത്തിന്റെ മൂലത്തിനെ കാണിച്ചു തരുന്നു പുറമേക്ക് വരികയും അകമേക്കുള്ള അഹം അഹം അഹം എന്ന ചിത്തിന്റെ നടനത്തിനെ ചിത്വിലാസത്തിനെ അവിടുന്ന് കാണിച്ചു അതാണ് ആചാര്യ ചൈത്യപഭുഷ സ്വഗതി വ്യനക്തി എന്നത് സ്വഗതി എന്ന് വെച്ചാൽ പാരമാർത്ഥികജ്ഞാനം എന്നർത്ഥം സ്വരൂപാനുഭൂതിയെ അവിടുന്ന് തെളിയിച്ചു തരുന്നു അപ്പോ ഹൃദി അഹമിതി നൃത്യസിഭോ ഹൃദയത്തിൽ അവിടുന്ന് അഹം അഹം എന്ന് നർത്തനം ചെയ്യുന്നു ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിലും ആചാര്യസ്വാമികൾ ഇങ്ങനെപ്പാർ ബാല്യാദിഷപ്പി ജാഗ്രതാദിഷു ത സർവാസു അവസ്ഥാസ്വി വ്യാവൃത്തസു അനുവർത്തമാനം അഹം അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ തസ്മൈ श्री ഗുരുമൂർത്തയേനമിതം ശ്രീദക്ഷിണാമൂർത്തയേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന അവസ്ഥകളൊക്കെ ശരീരത്തിന് വരുന്നു ശരീരം ജനിച്ചു ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അനുസ്യൂതം ശരീരത്തിൽ ഓരോ കോശങ്ങളും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു അതാത് കാലത്തെ പ്രാരബത്തിന്റെ ഫലീകരണം അനുസരിച്ച് ദേഹത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അവസാനം നമുക്കിത് സമ്മതിക്കേണ്ടി ദേഹം എന്നുള്ളത് പ്രാരബ്ദസൂത്രഗ്രഥിതം പ്രാരബത്തിന്റെ വെറുതെ ഒരു ബാഹ്യപ്രകടനം മാത്രമാണ് ഒരു കാലത്ത് ആരോഗ്യമായിരിക്കും ഒരു കാലത്ത് വ്യാധി വരും ഓരോരു സമയത്ത് ഓരോ പോലെ ദേഹം എന്നുള്ളത് അന്തരംഗത്തില് ജനിച്ചു വരുന്ന കുട്ടി ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള ഇന്ദ്രജാലത്തിന്റെ ബാഹ്യ പ്രകടനമാണ് ശരീരം ആ ഇന്ദ്രജാലം ഓരോന്നോരോന്നോരോന്നായി ആവിർഭവിച്ച് അവസാനം വയസ്സ് മൂത്ത് പല്ലുപോയി മരിച്ചുപോകും എന്നുവെച്ചാൽ മറഞ്ഞുപോകും അപ്പൊ ഈ ദേഹം ജനിക്കുകയും വളരുകയും പരിണമിക്കുകയും ക്ഷയിക്കുകയും നശിക്കുകയും ഒക്കെ ചെയ്യുന്നു ആന്തരിക അനുഭവ മണ്ഡലത്തിലോ മൂന്നവസ്ഥകൾ വന്നും പോയി ഇങ്ങോട്ടിരിക്കുന്നു ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി സുഷുപ്തി സ്വപ്നം ജാഗ്രത് മൂന്നവസ്ഥകളിലേക്കും ഒരു മഹാമത്സ്യം നദിയിൽ അങ്ങടും ഇങ്ങടും പോണ പോലെ ഈ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഉറക്കത്തിലേക്കും ജാഗ്രതയിലേക്കും ഒരു ഈ കരയിൽ നിന്ന് ആ കരയിലേക്കും ആ കരയിൽ നിന്ന് ഈ കരയിലേക്കും പോണ പോലെ ഈ ജീവൻ സ്വപ്നത്തിൽ പോയി ഉറങ്ങുകയും വീണ്ടും ഉണർന്നു വന്ന് വരികയും പിന്നെ ഉറങ്ങുകയും വരികയും ചെയ്യുന്നു ഈ അവസ്ഥകളൊക്കെ മാറുമ്പോഴും മാറാത്തതായ ഒരു സെന്റർ ഉണ്ട് അതൊരിക്കലും മാറണില്ലേ ഒരവസ്ഥകളിൽ ജാഗ്രതത്തിൽ ഉണർന്നിരുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണ് സുഖമായി ഉറങ്ങുന്നത് ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ട് ഇതിനെയൊക്കെ അറിയുന്ന ഒരാളും ഉണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല ഒക്കെ പ്രവർത്തിക്കുന്നു അതിലൊരു അഹങ്കാരം പല വേഷം കെട്ടി കളിക്കുന്നു അതിനെയും കണ്ടുകൊണ്ടൊരാളിരിക്കുന്നു സുഖമായി ഉറങ്ങുമ്പോൾ ശരീരവും ഇല്ല മനസ്സുമില്ല ബുദ്ധിയും ഇല്ല അഹങ്കാരവും ഇല്ല പക്ഷെ അവിടെയും ഞാനുണ്ട് സുഖമായി ഉറങ്ങി എന്ന് പറയണം എഴുന്നേറ്റിട്ട് ആ സുഖ സുഖസ്വരൂപത്തിനെ സാക്ഷിയായി കണ്ട ഒരു അസ്തിത്വം എക്സിസ്റ്റൻസ് അതവിടെയുമുണ്ട് അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവി ഭാവദർശനാത് സുഷുപ്തിയിൽ പോലും അതിന്റെ ഭാവം നമുക്ക് കാണാം സുഷുപ്തിയിലും നമ്മളുടെ വ്യക്തിബോധത്തിന്റെ ഉണ്മയായ സ്ഥിതി അസ്തിത്വം ഉള്ളപൊരു അവിടെ ഉണ്ട് ഉള്ളതലത് ഉള്ളപൊരു ഉള്ളതോ ഉള്ളൽ അര ഉള്ളത്തെ ഉള്ളതാൽ ഉള്ളമെനും ഉള്ളപൊരു ഉള്ളലെവൻ ൽ ഉണർവായേ ഉള്ളേ സദർശനത്തിലെ മുതോകം ഭഗവാൻ തമിഴ് ആക്കം അപടി വന്നിട്ടുള്ള വസ്തു ഉള്ളതാ ഹൃദയത്തിൽ അത് സദാ കൊണ്ടും ഉള്ളമെനും ഉള്ളപൊരു എവൻ അതിനെ അറിയാം മറ്റൊരാൾ ഇല്ലയവിടെ ൽ അതെങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെ ഇരിക്കുക എന്നാണ് എന്നുവെച്ചാൽ അതിനെ സമയം അതിനെ റെക്കഗ്നീഷൻ പ്രത്യഭിജ്ഞിജ്ഞ ഉണ്ടാവണം അത് അതാണ് എന്നറിയണം നമ്മൾ അതിനെ എങ്ങനെയോ അറിയണോ ഈ ശബ്ദത്തിൽ ഒരു അനിർവചനീയ ശക്തി ഉണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോ തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തത്വമസി കേൾക്കുമ്പോ തന്നെ തീരുമാനിക്കുക കേൾക്കുമ്പോ തന്നെ വിത്തൌട്ട് എനി മെന്റൽ മൂവ്മെന്റ് വിത്ത് എ സഡൻ ഇൻഫ്ലക്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇൻട്യൂഷൻ യു റെക്കഗ്നൈസ് ആ റെക്കഗ്നേഷൻ അതാണ് പ്രത്യഭിജ്ഞ ആ ജ്ഞപ്തി അവബോധം ആ അവബോധത്തിനെ ശ്രദ്ധിച്ച ഉടനെ താൻ എന്ന അനുഭവം ഉണ്ടാക്കുന്നതായ ചിത് വിലാസം അതുകൊണ്ട് നമ്മളെ അരുണാചലത്തിനെ നമ്മളുടെ ആത്മാവായി തന്നെ കാണുന്നു ബാഹ്യ അരുണാചലത്തിന്റെ ആവിർഭാവം തന്നെ അകമേയുള്ള ഈ ബോധത്തിനെ ഉണ്ടാക്കാനാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലും അതാണ് ബാഹ്യദക്ഷിണാമൂർത്തി എന്തിനാ ബാല്യം കൌമാരം യൗവനം വാർദ്ധക്യം എല്ലാ അവസ്ഥകളിലും മാറുമ്പോഴും മാറാതിരിക്കുന്ന ഉള്ളിലുള്ള അഹം അഹം അഹം എന്ന അനുഭവത്തിനെ ശ്രദ്ധിപ്പിക്കാനാണ് ബാഹ്യദക്ഷിണാമൂർത്തി നമ്മുടെ മഹർഷി മൗനമായിട്ടിരുന്നു മഹർഷിയുടെ സമ്പർക്കത്തിൽ ഒരുപാട് പക്വികൾക്ക് ആ മൗനത്തിൽ തന്നെ വലിയ വാക്കുകളൊന്നും പറയാതെ തന്നെ ഉള്ളിലുള്ള ഈ ഐ കറണ്ട് ഞാൻ ഞാൻ എന്നുള്ള സ്രോതസ്സിന്റെ അനുഭവത്തിലേക്ക് ശ്രദ്ധ വീണു അദ്ദേഹം ആ പലർക്കും ശ്രദ്ധ ആ സ്രോതസ്സിലേക്ക് വീണു ആ സ്രോതസ്സിനെ ശ്രദ്ധിച്ചു അപ്പൊ ബാഹ്യരൂപം അതിനാണ് കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവർക്ക് ഈ അനുഭവം ഉണ്ടായി ഭാഗവത്തിലുണ്ട് നോക്കാം കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവർ പറഞ്ഞു ഭഗവാനെ എന്റെ ഉള്ളിൽ ബുദ്ധിക്ക് സാക്ഷിയായിട്ടുള്ള വസ്തുവായി ഞാൻ അങ്ങയെ അറിയുന്നു ആത്മാവായി അകമേക്ക് ഈ പ്രപഞ്ചമില്ല എന്നൊക്കെ വസുദേവർ പറയുന്നുണ്ട് വിദിത്തോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃത ुभवानंद स्वरूपुभव सर्वबुदिदृक् बुद्धि साक्षिन्द्लाुवानंदस्वरूपन आनुभमी प्रपंच तेजमें वसुदेवर दृश्य आत्मन दृश्य गुणेशु स व्यवस्यते स्व्यति अबुध തന്നെ മാറ്റി നിർത്തിയാൽ താൻ എന്ന ഈ അനുഭവം ഇല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിന് ആരും ഉണ്ടെന്ന് പറയും മടയനാണങ്ങനെ പറയണവൻ അപ്പൊ ഈ താനെന്ന അനുഭവം ഭഗവാൻ പുറമേക്ക് ആവിർഭവിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ഇതാണ് കൃപ എന്ന് പറയണതേ താൻ തന്നെ ആത്മാവാണെങ്കിൽ വെളിയിൽ ഗുരു ആ ബോധിപ്പിക്കാനാണോ ഗുരു ഉള്ളിലുള്ള വസ്തുവിനെ ശ്രദ്ധിപ്പിക്കാനാണോ ഗുരു അപ്പൊ അങ്ങനെ പുറമേക്ക് ഈ അരുണാചലം ആത്മാവിനെ കാണിച്ചു തരുന്നു അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിലുള്ള വസ്തുവിന് പുറമേക്കുള്ള കാശി അകമേക്കുള്ള കാശിയെ കാണിച്ചു തരുന്നു ആചാര്യസ്വാമികൾക്ക് കാശി ക്ഷേത്രത്തിനോട് എന്തോ അങ്ങനെ ഒരു ബന്ധമാണ് അരുണാചലം എന്നൊരു പർവ്വതത്തിനെ രമണഭഗവാൻ ആത്മസ്വരൂപമായി സ്തുതിച്ച പോലെ ആചാര്യ ഭഗവത്പാദർ കാശി ക്ഷേത്രത്തിനെ ആത്മസ്വരൂപമായി സ്തുതിച്ചിട്ടുണ്ട് കാശ്യാം ഹി കാശി കാശി സർവപ്രകാശിക സാ കാശീവിധിതായേന തേനപ്രാപ്ത ഹി കാശിക ഈ കാശിയിൽ ഇരിക്കുമ്പോ ഉള്ളിലൊരു കാശി പ്രകാശിക്കണു എന്നാണ് ആ കാശിയുടെ പ്രകാശം കൊണ്ടാണ് പ്രപഞ്ചമൊക്കെ പ്രകാശിക്കുന്നത് കാശി വെച്ചാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം ആ കാശി കാശിക്കുന്നത് പ്രപഞ്ചം കാശിക്കുന്നു സാകാശി ആ ഉള്ളിലുള്ള കാശിയെ ആരറിഞ്ഞോ അവർക്കേ ബാഹ്യമായ കാശിയിൽ വല്ല അർത്ഥമുള്ളൂ ുള്ളിലുള്ള അരുണാചലത്തിനെ അറിഞ്ഞാലേ വെളിയിലുള്ള അരുണാചലത്തിന് വില വിലയുള്ളൂ എന്നാൽ വെളിയിലുള്ള അരുണാചലം ഉള്ളിൽ ഉള്ളിലുള്ള അരുണാചലത്തിനെ അല്പം പ്രകാശപ്പെടുത്തി തരുകയും ചെയ്യും ഓക്കെ കോംപ്ലിമെന്ററി സപ്ലിമെന്ററി പോലെയാണ് മനസ്സിനെ നിശ്ചലമായി നിർത്തുന്ന സമാധി ചിത്തവൃത്തി നിരോധരൂപമായ സമാധിയാണ് മണികർണികാഘട്ടം എന്നൊക്കെ സ്തുതിക്കുന്നുണ്ട് കാശീപഞ്ചകത്തിലെ ഇതേപോലെ ഒരു കൃതിയാണ് ഈ കാശീപഞ്ചകം മനോനിവൃത്തിണികർണിക്കാൻപ്രവാഹ വിമലാതിഗംഗ സാ കാശികാഹം നിജബോധരൂപ മനസ്സ് ബഹിർമുഖമായി അലയാതെ അന്തർമുഖമായി സ്വരൂപത്തിൽ വന്ന് നിവൃത്തമായി വിശ്രമിക്കുന്നതാണ് പരമോപശാന്തി പരമമായ ആ ഉപശമം ആ ഉപശമമാണ് തീർത്ഥവര്യാ തീർത്ഥം അതാണ് അത്ര തീർത്ഥം ബുദ്ധി ആ നിശ്ചലമായ സ്ഥിതിയിൽ ഒന്ന് രമിക്കണം അത് തന്നെ തീർത്ഥസ്നാനംപ്രവാഹ അവിടുന്ന് ജ്ഞാനസ്രോതസ് ഉണർന്നു കിട്ടിയാൽ അത് തന്നെ ഗംഗ സാശിക അതാരലുണ്ടോ അവന്റെ ഹൃദയം തന്നെ കാശി ക്ഷേത്രം നിജബോധരൂപ ശുദ്ധമായ ബോധമാണ് കാശി ഞാനെന്ന് അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപമാണ് കാശി ഇങ്ങനെയൊക്കെ പറയുമ്പോ സാധാരണ മനുഷ്യർക്ക് ഒരു സ്ഥൂലമായ ബുദ്ധിക്ക് ഒരു പിടികിട്ടില്ല ഇതാണ് യോഗികളുടെ സമ്പ്രദായം അവരിങ്ങടുവല്ല അങ്ങടും അല്ല എന്ന് പറയും കാണുന്ന ബാഹ്യരൂപത്തിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതല്ല എന്നാൽ ഇതാണോ ഇതെന്തിനാ ഇത് വേണം അവിടെ ഇതിനോട് ഭക്തിയുണ്ട് പക്ഷെ ആ ഭക്തി എന്തിനാ ഉള്ളിലുള്ള വസ്തു പ്രകാശിക്കാനാണ് ആ ഉള്ളിലുള്ള വസ്തു പ്രകാശിച്ചു കഴിഞ്ഞാലോ അവിടെ തന്നെ നമുക്ക് ഭഗവാന്റെ സ്വരൂപത്തിനെ അരുണാചല സ്വരൂപത്തിനെ അഹം അഹം അഹം എന്ന അനുഭവമായിട്ട് ഞാൻ ഞാൻ എന്ന് അനുഭവമായിട്ട് അപരോക്ഷം അപരോക്ഷം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് യു റെക്കൈസ് നോട്ട് സെൻസറി എക്സ്പീരിയൻസ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് അപരോക്ഷമായി ഞാൻ എന്ന അനുഭവത്തിന്റെ ദർശനം അത് സച്ചിദാനന്ദ്ര അത് പ്രജ്ഞാനഘനം പ്രജ്ഞാനമാണെന്നും അത് ഭഗവാന്റെ സ്വരൂപമാണെന്നും ആ ബോധത്തിലാണ് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടക്കുന്നതെന്നും കാണും പുറത്തെവിടെയുമല്ല ഭാഗവതത്തിൽ നാരായണൻ ആരാണ് എന്ന് പിപ്പലായനോട് ചോദിക്കുമ്പോൾ നവയോഗികളിൽ ഒരു യോഗിയായി പിപ്പലായനൻ പറയുന്നു സ്ഥിത്യുദ്ഭവ പ്രളയഹേതുഹു അഹേതുരസ്യൻ യപന ജാഗര സുഷുക്തിഷു സത് ബഹിഷേന്ദ്രിയ അതിനെ പരമെന്നറിയൂ അതിനെ നാരായണൻ എന്നറിയൂ ഏതാണെന്ന് വെച്ചാൽ സ്ഥിതിഉദ്ഭവ പ്രളയ ഹേതു ഏതൊന്ന് ഈ പ്രപഞ്ചം നിലനിൽക്കാനും ഉദ്ഭവിക്കാനും ലയിക്കാനും കാരണമോ ഏതൊന്ന് കാരണമില്ലാത്ത വസ്തുവോ അഹേതുഹു സ്വപ്ന ജാഗര സുഷുപ്തി ഏതൊന്ന് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകളിൽ മൂന്നിലും മാറാതിരിക്കുന്ന സദ്വസ്തുവോ തഥവേ ഹി പരം അത് തന്നെ പരമാത്മാവെന്നറിയൂ ഉള്ളിൽ വേണം നമ്മളുടെ അനുഭവത്തിനെ വിശകലനം ചെയ്ത് വേണം ഭഗവാനെ കണ്ടെത്താൻ പുറമേക്കുള്ളതൊക്കെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതും പുറമേക്ക് തന്നെ നമ്മളെ പിടിച്ച് കെട്ടിയിടുകയാണെങ്കിൽ അപകടം പുറത്തെന്തിനെങ്കിലും ആശ്രയിച്ചുകൊണ്ട് തട്ടി തട്ടി തട്ടി ഉള്ളിലേക്ക് വരണം കൂട്ടിപ്പിടിച്ച അഹമേക്ക് കയറണം എന്ന് എന്നിട്ട് പതുക്കെ ഈ അഹമെന്ന അനുഭവത്തിനെ ശ്രദ്ധിക്കണം ഹൃദയ അഹമിതി നൃത്യസിഭോ ഹൃദയത്തിൽ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഹേ പ്രഭു അവിടുന്ന് നടനം ചെയ്യുന്നു വദന്തി ഹൃദയം നാമ അങ്ങക്ക് ഹൃദയം എന്നു പേരും പറയുന്നു ഇനിയിപ്പോ ആത്മവിചാരസാധനയാണ് അടുത്ത ശ്ലോകവും അത് നാളെ കാണും ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല എഴിത്തിനെ കളവാവിഡിൽ ഇതുവോവാ അരുണാചല ഏ നിറക്കം എനരി ഇതു കഴകോ അരുണാചല ു കൺവർ അകത്തിനു പുുംബോദത്തിനിയോ അരുണാചല ഉരുവനാമുന്നെ ഒളിത്തെ വർവരുവർ ഉൻ ശൂതേ ഇത് അരുണാചലാ ഓങ്കൊപ്പുയർവിൽ നോയ് ഉനയാര റിവർ അരുണാചലാ ോന കുൺ അരുള തെ ആളും കടൻ അരുണാചല കണ്ണുക്ക് കണ്ണായ് കണ്ണിനി കാണൂനെ കാണുവതെ വർപ്പ് അരുണാചലാം കു പോൽ കവർ തെ വിടാമൽ കലോടപ്പായ അരുണാചലാ ഗി ഉരുവാടലേ കൃപൈ കൂർന്തരുൾവായ അരുണാചലാം കീലിംഗും കിണരുളി മണിയൻ കീഴ്മയെ പായേ അരുണാചല കുറ്റ മുറ്റരുതെ ഗുണമായി പണിത്താൾ ഗുരുവായൂളേ ിയർ കൊടുമയിടാതൊരു കോർന്ത അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല യ മമാത്മാവസി മവ താച്യം മിച്ചിസ്തിയേഷ്ടം കൂർമാതൈ ത് ആത്മനം